ആകാശത്തുനിന്ന് വെള്ളമറക്കിയത് അവനാണ് അതുവഴി നാം എല്ലാത്തരം സസ്യങ്ങളെയും പുറത്തു കൊണ്ടുവന്നു അതിൽ നിന്ന് പച്ചപ്പുള്ളവയെ നാം പുറത്തെടുത്തു അതിൽ നിന്ന് അടുക്കുകളായ ധാന്യങ്ങൾ നാം പുറത്തെടുക്കുന്നു ഈന്തപ്പനകളിൽ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന കുലകളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവു മരങ്ങളും മാതൃകയിലുള്ളതും അല്ലാത്തതുമായ മാതളനാരങ്ങകളും നാം ഉണ്ടാക്കി അത് ഫലം നൽകുന്ന സമയത്തും അത് പഴുക്കുമ്പോഴും അതിന്റെ ഫലങ്ങളിലേക്ക് നോക്കുക തീർച്ചയായും വിശ്വസിക്കുന്നവർക്ക് ഇതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്